അവർ പറഞ്ഞു നമ്മുടെ ജീവിതം ഈ ദുന്യാവിലെ ജീവിതം മാത്രമാണ് നാം മരിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നു കാലം മാത്രമാണ് നമ്മെ നശിപ്പിക്കുന്നത് അതിൽ അവർക്ക് യാതൊരു അറിവുമില്ല അവർ വെറും ഊഹങ്ങൾ മാത്രമാണ് നടത്തുന്നത്